അതിനാൽ നിങ്ങൾ തളരരുത് സമാധാനത്തിനായി വിളിച്ചു പറയരുത് നിങ്ങൾ തന്നെയാണ് ഉന്നതർ അല്ലാഹു സുബാനഹുവത്ത് അല നിങ്ങളോടൊപ്പിയുണ്ട് നിങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം അവൻ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തില്ല